അദ്ദേഹം അവർക്ക് നൽകേണ്ടത് നൽകി കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങളുടെ പിതാവിന്റെ മറ്റൊരു സഹോദരനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക ഞാൻ അളവ് പൂർണമായി നൽകുന്നുണ്ടെന്നും ഞാൻ ഏറ്റവും നല്ല ആതിഥേയനാണെന്നും നിങ്ങൾ കാണുന്നില്ലേ